ബോധത്തിൽ അറിവിൽ ഇത് അറിയപ്പെടുന്നത് ഏതറിയുന്നില്ല ഏതാണ് അനുഭവപ്പെടാത്തത് അറിവ് ബോധത്തിൽ മാത്രമാണ് അനുഭവപ്പെടുന്നത് ബോധത്തിൽ ഇല്ലെങ്കിൽ ഇല്ല ബോധത്തിലുണ്ടെങ്കിലേ ഉള്ളൂ കല്യാണമൊക്കെ കഴിച്ചു ഭർത്താവ് ഫോണിലും ഭാര്യ ഇവിടെയായി ഇവിടെയുള്ള സഹോദരനുള്ള ഓട്ടോറിക്ഷോ അമ്മാവനുള്ള വീട് ഇതൊക്കെ ബോധത്തിലുള്ളൂ എങ്കിൽ മാസാമാസം അയാളുടെ പൈസ വരുന്നുണ്ടോ മാത്രമേ ബോധത്തിലുള്ളൂ പിന്നെ പതിവായിട്ട് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ആൾ പതിവായിട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ വരുന്ന മാഷ് അതുപോലെ തന്നെ ഇടയ്ക്ക് അയാൾ എത്തിച്ച് കൊടുത്ത ഷോപ്പിങ്ങിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾ ഇവർക്ക് മാത്രമേ ബോധത്തിലുള്ളൂ അയലില്ല അപ്പോഴാണ് വരുന്നത് നാളെ രാവിലെയും വരികയെന്ന് ഫോണി വിളിച്ചു പറയുന്നത് ഇപ്പം പെട്ടെന്ന് അയാൾ ബോധത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പൈസയും കൂടെ അത്യാവശ്യമുള്ള നിലയ്ക്ക് ഉടനെ പോരണോ ഇപ്പം ബോധത്തിലേക്ക് അയളുവന്നു ഇതുവരെ ഈ വയ്യാവേലി ബോധത്തിലുണ്ടായിരുന്നില്ല ഇങ്ങനെ വിവാഹം വരെ ഒരു മാനേജ്മെന്റാണ് അപ്പൊ അങ്ങനെ ഒരു മാനേജ്മെന്റിലാണ് നമ്മളിന്ന് കളിക്കുന്നത് അപ്പൊ ഇത് ബോധത്തിലുണ്ടെങ്കിലേ ഉള്ളൂ ബോധത്തിലില്ലെങ്കിലില്ല എത്രത്തോളം ബോധത്തിലുണ്ട് ഈ അറിയപ്പെടുന്ന ജഗത്ത് ബോധത്തിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബോധത്തിൽ ഇല്ലെങ്കിൽ അറിവിൽ ബോധത്തിൽ ഇത് ഈ അറിയപ്പെടുന്നത് ഏത് അറിയുന്നില്ല ഏതാണ് അനുഭവപ്പെടാത്തത് ബോധത്തിലുണ്ടെങ്കിൽ അനുഭവപ്പെടും എല്ലാം അനുഭവപ്പെടും ബോധത്തിലില്ലെങ്കിലോ അന്ന് ഒന്ന് അറിയുന്നില്ല ഈ ജഡരൂപങ്ങൾ എണ്ണി എണ്ണി വേർതിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബോധം എന്ന് ഒന്ന് അവയെ അറിയുന്നില്ലെങ്കിൽ അറിയുന്നില്ല ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നാൽ അറിവ് എങ് നിന്നു വന്നിടും എന്നാൽ അറിയുന്ന ബോധം മറ്റ് ഏതിൽ നിന്നു വരാനാണ് മറ്റൊന്നിൽ നിന്നുണ്ടാകുന്നതല്ല ഈ അറിയുന്ന ബോധം അത് വേറൊന്നിൽ നിന്നുണ്ടാവില്ല അത് സ്വതന്ത്രവും കേവലവുമാണ് ബോധത്തിൻ്റെ സത്യം ശ്രുതി യുക്തി അനുഭവം മൂന്ന് തലമാണ് അതുകൊണ്ടാണ് അറിയേണ്ടത് അത് അങ്ങനെ അന്വേഷിച്ചറിഞ്ഞാൽ ബോധമല്ലാതെ വേറൊന്നൊന്നുമില്ല എന്ന് ബോധ്യ തത്പത ലക്ഷ്യാർത്ഥവും തൊമ്പത ലക്ഷ്യാർത്ഥവും അസിപ്പത ലക്ഷ്യാർത്ഥവും ഒന്നാവും നാലാമത്തെ മഹാവാദം പ്രജ്ഞാനം ബ്രഹ്മ ेदागत महावाक्य्रह्मास्मी अहम ब्रह्मास्मी यजुर्वेदांतर्गत महावाक्यय ब्रह्मा अथर्वेदांत महावाक्यधर्वेद मांडूख्य उपनिषद वाणी ർഗത മഹാവാക്യത്തിലേക്ക് നിർദ്ദേശക മഹാവാക്യത്തിലേക്ക് മഹാവാക്യം എന്ന് മാത്രം പറഞ്ഞാൽ ഇതാണ് മഹാവാക്യം ഇതാണ് പരക്കെ അറിയുന്ന മഹാവാക്യം ഉദ്ദാലകൻ ശ്വേതകേതു ഇവർ തമ്മിൽ നടക്കുന്ന ഒരു അന്വേഷണവും തുടർന്ന് പ്രവാഹണ ജൈവലിയുടെ അടുക്കിലേക്കുള്ള പോക്കും ഒക്കെ ആ രംഗം അറിവിൻ്റെ രംഗങ്ങളിലുള്ളവർക്ക് അനുഭൂതിദായകമാണ് ശ്വേതഗേദവും ഉദ്ദാലകനന്ദരണങ്ങളിലൂടെ ഉദ്ദാലകൻ പുത്രന് പറഞ്ഞുകൊടുക്കുന്നതാണ് ഏഴ് ദൃഷ്ടാന്തങ്ങളിലൂടെ അതാണ് ഈ മഹാവാക്യം ആ ശ്രുതി കൊണ്ട് ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിരിക്കുമ്പോൾ പൗരാണിക രീതിയിൽ ഇത് ക്രമികമായി പഠിപ്പിക്കും ഗുരുകുലങ്ങളിൽ പിന്നീട് സമ്പ്രദായാന്തരങ്ങളിൽ വ്യത്യാസപ്പെട്ട് പഠിപ്പിക്കും നിങ്ങൾ വേദി ഏതാണ് യജുർവേദിയാണോ സാമവേദിയാണോ അഥർവവേദിയാണോ എന്നതിനെ ആസ്പദമാക്കി ആ മഹാവാക്യം ആ പഠിപ്പിക്കുന്നത് പഠിച്ചാൽ മതി എല്ലാം പഠിക്കും ഗോത്രം സൂത്രം നാമം വേദം ഇതൊക്കെ ഉണ്ടാവും നമസ്കരിക്കണമെങ്കിൽ പോലും ഇതൊക്കെ അറിയണം തന്നെ ഇത് ഗോത്രത്തിലാണ് പഴയകാലത്ത് നമസ്കരിക്കുമ്പോൾ പോലും പിന്നെ ഗോത്രത്തിൽ ഇന്നയാടിന്റെ പ്രജയായി ജനിച്ച് ആ പിതൃ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഞാൻ അഭിവാദനം ചെയ്യുന്നു അഭിവാദയേ അഹം വിഷ്ണു ശർമാഭോ കാരണം ആ പരമ്പരയെ മുഴുവൻ പ്രതിനിധീകരിച്ചിരുന്ന സംസ്കാരമാണ് അന്ന് നമസ്കാരം സമറ്റിക്ക രീതിയല്ല അപ്പോൾ ആ നിലയിൽ അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വസ്തിയെ അരുളി പ്രത്യഭിവാദനം ചെയ്യും ഇങ്ങനെ ഒരു സമ്പ്രദായങ്ങളുണ്ട് നമ്മളിപ്പം നമസ്കരിക്കുകയൊക്കെ ചെയ്യും കാരണം നമ്മൾ സംസ്കാരം കൊണ്ട് നമസ്കരിക്കുന്നതല്ല നമ്മളതൊരു ചടങ്ങാ എനിക്കിഷ്ടമുണ്ടായിരുന്നു അല്ല കഴുതയുടെ കാലും കാവ്യ കാണുമ്പോൾ നമസ്കരിക്കേണ്ടത് ഓർത്തിയാൻ അങ്ങ് ചെയ്തതാണ് ആ കഴുത അപ്പൊ അത് റിച്ച്വലാണ് അത് ആയുസ് വിദ്യ യശസ് ബലം ഇതിനെ കളയും അപൂജ്യൂജ്യത്തെ പൂജ്യക്രമ ചീ ആയുർവിദ്യ യശോ ബല അതുകൊണ്ട് സൂക്ഷിക്കണം ഈ പണിക്ക് ബാക്കി ഏത് പണിക്ക് സൂക്ഷിക്കണ്ട ആലോചിച്ചിട്ട് നമസ്കരിച്ചാൽ മതി ചടങ്ങിൽ നമസ്കരിക്കരുത് അതൊക്കെ സമറ്റിക് രീതിയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അതൊരു ചടങ്ങാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഭിവാദനവാക്യങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് മതങ്ങൾ ഉണ്ടാവുകയാണ് കൂടുതൽ ജയ് ശ്രീറാം ജയ് ഗുരുദേവ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ് അതൊക്കെ മാനവികത ഘട്ടംഘട്ടമായി വന്ന ഘടകങ്ങളായി രൂപാന്തരപ്പെടുന്നതിൻ്റെ ഭാഗമാണ് അതൊരു സംസ്കാരമായി മാറണം സംസ്കാരമാകുന്നത് വാസന ക്ഷയിക്കുകയും ഒരു പാരമ്പര്യത്തിൽ പെടുകയും ചെയ്യുമ്പോഴാണ് അപൂജ്യനെ പൂജിക്കുക പൂജ്യനെ പൂജിക്കാതിരിക്കുക ഇത് രണ്ടും ചത്വരിതസ്യ നശ്യന്തി നാല് കാര്യങ്ങളെ ഇല്ലാതാക്കും ആയുസ് വിദ്യ യശസ് ബലം രോഗങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പോൾ ആയുർവേദം രോഗമുണ്ടാകുന്നതിന് സഹജം പിതൃജം സഹജം ഗർഭജം ജാതജം പീഡാജം കാലജം സ്വഭാവജം ഇതൊക്കെ കഴിഞ്ഞ് പ്രധാനമായും ഒന്ന് പറയും പ്രഭാവചം അതിതാ അപൂജ്യന്മാരെ പൂജിച്ചും പൂജിച്ചു പൂജ്യന്മാരെ പൂജിക്കാതെയും പ്രഭാവജങ്ങളായ രോഗങ്ങളുണ്ടാവും സുശ്രുതം അതിന് അകലവാദമെന്ന് പറയും അച്ചലവാദം ഒക്കെതിൽപ്പെടും അസൊക്കെ എതിൽപ്പെടും ഒക്കെ പണ്ടില്ല കുറവാ ആധുനിക സംസ്കൃതിയുടെ വിളയാട്ടത്തിലുള്ളവയാണ് അവയൊക്കെ പ്രഭാവച രോഗങ്ങളാണ് പ്രഭാവച രോഗങ്ങൾ അവ വളരെ ശ്രദ്ധിച്ചേ മാറുള്ളൂ ഒരു കാരണം ഇതാണ് പൗണ്ട് അതിനെ അവലംബിച്ച് ഗോത്രം സൂത്രമൊക്കെ പറയും വേദമന്ത്രങ്ങളെ പഠിക്കുമ്പോൾ ഇന്ന വേദികൾ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവർ ഇന്ന സൂത്രമുള്ളവർ വിവാഹസമയത്ത് ഗോത്രസൂത്രാദികളൊക്കെ മാറും പിതൃഗോത്രത്തിൽ നിന്ന് ഭർത്തൃഗോത്രത്തിലേക്ക് മാറ്റും സഹോദരൻ രാജവും മറ്റും ഹോമിച്ച് ഇവിടെ അവസാനം അതുകൊണ്ട് ആ മഹാവാക്യത്തിലേക്ക് മുമ്പ് ഈ നാലും പഠിക്കണം മഹാവാക്യമെന്ന് മാത്രം പറഞ്ഞാൽ തത്വമസ്യ അതിലേക്ക് നോക്കാം അറിവിൻ അറിവായി നിന്ന് ഏത് ഏത് അറിയിക്കും നിന്ന് ും അറിവേദിനമെങ്ങനെ ഈ അറിയപ്പെടുമെന്നത് ഏതിതോതിയിട അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ അറിയപ്പെടുമെന്നത് ഏത് ഇത് ഓതിയിലിൽ തിരി എന്ന് വരാതെ അറിയപ്പെടുമെന്നത് ഏത് ഇത് ഓതിയിടി അറിയപ്പെടുമെന്ന ഇത് ഓതിയിടിൽ അറിവിന് വ്യക്തികളിൽ ജീവാത്മാവായി നിന്ന് പ്രപഞ്ചത്തെ അറിയുന്ന അറിവുകൾക്കെല്ലാം അറിവിന് അതായത് ജീവാത്മഭാവത്തിൽ നിന്ന് അറിയുന്ന പരിച്ഛിഹ്നങ്ങളായ അറിവുകൾക്കെല്ലാം അറിവായി നിന്ന് അറിവിന്നും അറിവായി ആത്മപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ആശ്രയമായ പൂർണ്ണബോധമായി വർദ്ധിച്ച് പരിച്ഛിഹ്നമായ അറിവിൽ നിന്ന് പൂർണ്ണബോധമായി വർത്തിച്ച് അവിടെയാണ് തത്ത് പദലക്ഷ്യാർത്ഥത്തിലേക്ക് ൊമ്പതം വന്നു ചേരുന്നത് തൊമ്മെന്ന നീ അതാകുന്നു എന്നാണ് പറഞ്ഞത് അത് അപരിച്ഛിന്നമാണ് നീ എന്നത് പരിഛിന്നമാണ് പരിഛിന്നമായ നിന്നെ അപരിച്ഛിന്നമായ അതാകുന്നു എന്ന് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷണ വേണം നിന്നാവിനും സൂര്യനും ഒന്നാണെന്ന് പറഞ്ഞാൽ പ്രകാശത്തിൽ ഒന്നാണെന്നാണ് അർത്ഥം അതിന് ജഹലക്ഷണയും അജഹലക്ഷണയും ചേർന്ന് ജഹാജകലക്ഷണ വേണ്ടിവരും ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കേണ്ടതാണ് ഭാഷാശാസ്ത്രത്തിൽ നമുക്കത് വിടാം അപ്പോൾ അങ്ങനെ വേണം എന്ന് മതി അപ്പോ അറിവായി നിന്ന് ആശ്രയമായ പൂർണ്ണബോധമായി വർത്തിച്ച് ഇങ്ങ് ഈ ലോകത്തിൽ ഇവിടെ ഏതറിയിക്കുന്നു ഏത് സത്യമാണോ എല്ലാ അറിവുകൾക്കും ഉറവിടമായി സ്ഥിതി ചെയ്യുന്ന ആ സത്യം ഏതാണോ ചിരന്തനമായ സത്യം ആ സത്യം നാം നമ്മളെല്ലാം അതായിടുന്നു ആ സത്യം തന്നെയാണെന്ന് അറിയേണ്ടതാണ് തത്തമസിയുടെ തലത്തിലേക്ക് എത്തി അറിവേദിനം ആ പൂർണ്ണബോധത്തിൻ്റെ സാക്ഷാത്കാരം എങ്ങനെ എന്ത് അറിവ് ഏത് ഇനം ഏത് തരത്തിലാണ് അറിവിൻ്റെ ആ അനുഭവം ഏതിനം ഇനം ഇനം എന്നുള്ള പദമൊക്കെ ഇപ്പം മലയാളത്തിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് ഏത് തരത്തിൽപ്പെട്ടതാണ് എങ്ങനെയുള്ളതാണ് എന്താണ് എങ്ങനെ ഇതോടൽ അത് എങ്ങനെ ഉള്ളതാണ് എങ്ങനെ നേടാം ഇതോടിൽ ഇക്കാര്യങ്ങൾ മനനം ചെയ്തറിയുമെങ്കിൽ പിന്നെ ഈ അറിയപ്പെടുന്നതേത് ഈ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന് വേറിട്ട സ്ഥിതി എവിടെ പ്രപഞ്ചവും അതോടെ ബോധമാവില്ലേ അപ്പോ ജീവാത്മാവെന്ന നിലയിൽ പരിച്ഛിന്നനായി നിന്ന് അറിയുന്ന അറിവെല്ലാം അതിന് ആശ്രയമായ പൂർണ്ണബോധമായി വർത്തിച്ച് ഇങ്ങ് ഈ ലോകത്തിൽ വരങ്ങുമല്ലോ ഇവിടെ തന്നെ ഇഹ ലോകത്തിൽ ഏതറിയിക്കുന്നു ഏത് സത്യമാണോ എല്ലാ അറിവുകൾക്കും ഉറവിടമായി സ്ഥിതി ചെയ്യുന്നത് നമ്മളെല്ലാം ആ സത്യം തന്നെയാണ് വെറിട്ടൊന്നുമില്ല അവിടെ ഉറപ്പിച്ചു അതെങ്ങനെ അനുഭവിക്കാം അതെങ്ങനെ നേടാം ഇക്കാര്യങ്ങൾ ഇത് ഓതിയിടി ഇത് ഓതിയാൽ പറഞ്ഞു കൊടുത്തു മനനം ചെയ്തുറച്ചാൽ സാധകപക്ഷത്ത് ഇത് മനനം ചെയ്ത് മനസ്സിലാക്കിയാൽ സിദ്ധപക്ഷത്ത് ഇത് ഓതി കൊടുത്താൽ നാരായണ ഗുരു പറഞ്ഞു തരുന്നുവെന്ന് നാം വിചാരിച്ചാൽ അദ്ദേഹം നമുക്ക് ഓതി തന്നാൽ ഉപദേശിച്ചു തന്നാൽ ഉപദേശ്യന്തി ജ്ഞാനം ഇതിനെ നമുക്ക് പറഞ്ഞു തന്നാൽ ഉപദേശിച്ചു തന്നാൽ ഓതിയാൽ തെരുതരെ വീണ് വണങ്ങി ഓതിടേണം എന്ന് സാധകപക്ഷത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ അറിയപ്പെടുന്നതേത് അറിയപ്പെടുന്ന ജഗത്ത് പിന്നെവിടെ സ്ഥിതി ചെയ്യും പ്രപഞ്ചവും അതോടെ ബോധസത്തയായി മാറും എന്ന് ഭാവം അങ്ങനെയാണെങ്കിൽ അറിവിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരത്തിൽ അറിവും അറിയപ്പെടുന്നതും അറിയുന്നവരും എല്ലാം ഒന്നായിത്തീർന്നാൽ അതിൻ്റെ ക്രമം എങ്ങനെയാണ് അറിവുണ്ട് എന്നിങ്ങനെ രണ്ടാണ് ഉണ്മ ഇല്ലായ്മ എന്ന അറിവ് രണ്ട് അതുപോലെ തന്നെ അത് രണ്ടായി ഭവിച്ചിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയായിത്തീരുന്നു അത് പറയുക അറിവ് എങ്ങനെ പിരിഞ്ഞു വരുന്നു ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇതാണ് നമ്മൾ ആദ്യം ശ്ലോകത്തിൽ പറഞ്ഞതല്ല ഇൻട്രഡക്ഷനിൽ പറഞ്ഞത് അറിവ് വൻ അറിയപ്പെടുന്നവന്റെ ബുദ്ധി അതിൽ പഞ്ചതന്മാത്രകൾ അതിൽ പ്രപഞ്ചം ഇതാണ് ക്രമം പലതരത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട് അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ടുമുടൻ എന്മൂന്നും ഏഴും ചൊവ്വോടൊരു അഞ്ചും അഭി രണ്ടൊന്നു തത്വമതിൽ അരി നാരായണായ നമ എന്നെഴുത്തച്ഛൻ അത് പറഞ്ഞ് എഴുത്തച്ഛൻ അതിന് ഉമ്പെന്ന് പറഞ്ഞു ഒന്നായ നിന്ന രണ്ടെന്നു കണ്ടടവിൽ ഉണ്ടായ അറിവ് രണ്ടായപ്പോൾ അറിവും അറിയുന്നവനെന്ന അഹങ്കാരിയും അവിടെ ഈ പണി വയ്ക്കിയത് അറിവ് മാത്രമായിരുന്നു നീ മര്യാദക്കാരനായിരുന്നു അതിൽ അറിയുന്നവൻ വന്നപ്പോൾ അഹങ്കാരിയായി അതിൽ ബുദ്ധി വന്നപ്പോൾ മൂന്നായി ഓങ്കാരമായിഞ്ഞ് ഉടനെ അഹങ്കാരമായതിരു താൻ തന്ന സാക്ഷി ഇനി അതേ വഴിയുള്ളൂ ഇനി ഇത് സാക്ഷിയായിട്ടെങ്കിലും കാണുക മറ്റതിന് തിരിച്ചു പോകണമെങ്കിൽ പണിയാണ് ആ ബോധം വരുത്തുവതിന് ആളായി നിന്ന ആളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ അത് ചിന്തിക്കുമ്പോൾ തന്നെ ആനന്ദം കിട്ടി അതുകൊണ്ടാണ് ആനന്ദജിന്മയ ഹരി ഗോപികാരമണ അത് കുഴപ്പമുള്ളതാണ് നിങ്ങൾ വായിക്കുമ്പോൾ ഗോപിയുടെ അർത്ഥം എന്താണ് ജീവാത്മാരൂപീ ഗോപി ശ്രുതിരൂപീകോപി പശു വാക് ദൃണി ജീവ എന്നെല്ലാം മേദിനി അമരകോശം അല്ലാതെ അർത്ഥമില്ല സ്ത്രീന്നൊരു അർത്ഥമേയില്ല പക്ഷെ നിങ്ങൾ ഭാഗവതം വായിച്ചും പഠിച്ചും കുറെ സ്ത്രീകളും കൃഷ്ണനും വിവരമില്ലാതെ നാരദൻ പോയി കണ്ടപ്പോ ലക്ഷോപലക്ഷം ഗോപിമുഖമാരും ലക്ഷോപലക്ഷം കൃഷ്ണനും നാരദന് ഒരു പിടിയും കിട്ടാതായി അതിന് കാരണം വിവരം കേടുക്കൊണ്ട നാരദനതായിരുന്നു ഗതി നമ്മുടെ ഗതി എന്തോ നാരം പരമാത്മവിഷയം ദാതി നാരദ കക്ഷി ഇങ്ങനെ ഭ്രമിച്ചു പോയെങ്കിൽ പിന്നെ നമ്മളോ അതാണ് എൻ്റെ ഗതി ആത്മവിഷയകമായ ജ്ഞാനം കൈവരുമ്പോഴാണ് ഇതുണ്ടാകുന്നത് അതുകൊണ്ട് അവിടെ ജീവാത്മാരൂപി ഗോപി ആ ഗോപിയാണ് അവിടെ കൊണ്ടാ ഗോപികാരമാണ് ഞാനെന്ന ഭാവം അത് തൊന്നായി ക വേണം ജീവാത്മാവാകുന്ന ഗോപിയെ രമിപ്പിക്കുന്നവനെ അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ജീവാത്മാരൂപത്തിൽ നിന്നറിയുന്ന അറിവെല്ലാം പൂർണ്ണമായ അറിവിൻ്റെ ആ ഗോപികാരമണന്റെ അറിവിൻ്റെ അടുത്തത് അങ്ങനെയാണേ അത് എങ്ങനെയാണ് നോക്കാം അറിവെന്നത് നീയത് നിന്നറിവിട്ട് അറിയപ്പെടുന്നത് എന്നായി അറിവെന്നത് നീയത് നിന്നറിവിട്ട് അറിയപ്പെടുന്നതെന്നായി അറിയുന്നുണ്ടെന്നും ഒന്നതില്ലെന്നും ഇനി തത്വമസി വിവരിക്കുകയാണ് നീ അറിവ് എന്നത് അത് നിന്നറിവ് ഇട്ട് അറിയപ്പെടുന്നതെന്നാൽ അറിയപ്പെടും ഇത് രണ്ട് എങ്ങനെയാ രണ്ടെണ്ണം വരുന്നത് നീ തൊമ്പതം എന്ന നിലയിലെ അറിവ് നീ എന്ന് ഒരറിവ് നീ പച്ച മലയാളത്തിൽ തൊമ്പതൊന്നും കൊണ്ടുരാതെ നീ എന്ന പദം കൊണ്ട് പറയപ്പെടുന്ന ജീവാത്മാവ് എന്ന അറിവ് നീ എന്ന പദം കൊണ്ട് അറിയുന്ന അറിവ് തൊമ്പദക്ഷമായ അറിവ് അറിവെന്നത് രണ്ടാമത് അറിവെന്നത് നീ എന്നതൊരറിവ് അറിവെന്നതൊരറിവ് പൂർണ്ണമായ ബോധം അഥവാ ബ്രഹ്മം നീ എന്നതിലെ വാസനയെ മാറ്റിയെടുത്താൽ ബ്രഹ്മം എന്ന അറിവായി ഇപ്പൊ ബ്രഹ്മമെന്ന അറിവ് നീ എന്ന ജീവാത്മാവെന്ന അറിവ് അത് നിന്നറിവിട്ട് ആ ബ്രഹ്മം തൻ്റെ സ്വരൂപത്തിൻ്റെ അറിവിട്ട് ഒരംശം കൊണ്ട് ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഒരംശം കൊണ്ട് നീ എന്ന ജീവാത്മാവ് അറിവെന്ന പൂർണ്ണബ്രഹ്മം ആ ബ്രഹ്മം നിന്നറിവിട്ട് തൻ്റെ സ്വരൂപജ്ഞാനത്തിൻ്റെ അംശം കൊണ്ട് അതായി സ്ഫുലിക്കുന്നത് സ്ഫുരിക്കുന്നത് ഈപ്പൊരി പോലെ ഇടയിടയ്ക്ക് സ്ഫുരണം ചെയ്യുന്നത് ഈ അറിവാണ് ആ അറിവിലായി ജഗത്ത് മുഴുവൻ ഉണ്ടാകുന്നു അറിവില്ലെങ്കിൽ ജഗത്തില്ല ഈ ജഗത്തില്ലാതെയും ജഗത്തിനെ അറിയും സ്വപ്നത്തിൽ ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി കഴിഞ്ഞ് സൂര്യനസ്തമിച്ച് ചന്ദ്രൻ അസ്തമിച്ച് അഗ്നി കട്ടടങ്ങി വാക്കു പിൻവാങ്ങി ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങൾ ആയിക്കഴിഞ്ഞ് അത്രൈഷ ദപ്നേമധീമാനമനുഭവത്തിനുപയതി ശ്രുതം ശ്രുതമേവനുശോതിഗന്ധരച്ച പ്രത്യനുഭൂതം പ്രത്യുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ചുതം ച അശ്രുതം അനുഭൂതം ചനനുഭൂതം ച അസച്ച അസച്ച സർവം പശ്യ സർവശി ഇങ്ങനെയതാണ് കണ്ടത് കാണും കേട്ടത് കേൾക്കും അനുഭവിച്ചതനുഭവിക്കും കണ്ടതും കാണാത്തതും ചേർത്ത് കാണും കേട്ടതും കേൾക്കാത്തതും ചേർത്ത് കേൾക്കും അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്ത് അനുഭവിക്കും ഇത്രേ അത്ഭുതം അകത്ത് നടക്കുമ്പോഴെങ്കിലും ഈ പുറത്തുനിന്ന് നിസാരമാണെന്ന് തോന്നണ്ടേ കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ രാത്രി പന്ത്രണ്ട് മണിക്ക് കയറി കിടന്ന കഥകളെല്ലാം കുറ്റിയിട്ട് സകല ബൾബും ഓഫ് ചെയ്ത് കട്ടിലേൽ നിങ്ങളെ വനത്തിൽ നിങ്ങളെത്തി വനത്തിൽ വെച്ചൊരു കടുവ നിങ്ങളെ കടിച്ചു വലിച്ചു നിങ്ങൾ കാണുക അപ്പോൾ വനം എവിടെയാണ് കടുവ എവിടെയാണ് കടുവയെ കാണുന്ന നിങ്ങളെവിടെയാണ് കടുവ വലിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളെവിടെയാണ് രണ്ടുമുണ്ട് അമ്മ നിങ്ങളെ മടിയിലെടുത്തു വെച്ച് താലോലിക്കുന്നതായി നിങ്ങൾ കാണുക അപ്പം കാണുന്ന നിങ്ങൾ കാണപ്പെടുന്ന അമ്മ കാണപ്പെടുന്ന നിങ്ങൾ ഇതിനെയെല്ലാം അത്ര ഇഷ ദേവ സ്വപ്നത്തിൽ മഹിമാവിൽ ഇന്ദ്രിയങ്ങൾ വിലയം പ്രാപിച്ചു കഴിഞ്ഞ് കണ്ടത് കാണുക ഒന്നും ഇന്ന് എഴുതിയതല്ല ഫ്ലോയിഡൊക്കെ വരുന്നതിന് മുമ്പ് ഫ്രോയിഡിന് ഇതിൻ്റെ പഠിക്കൽ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാശിച്ചു പോവാണ് റോവിഡിയൻ സ്വപ്ന വിശകലനമൊക്കെ കുട്ടികളെ ഈ സ്കൂളിൽ കാണാതെ പഠിപ്പിക്കുമ്പോൾ ഈ രാജ്യത്ത് അതിനേക്കാൾ വിസ്തൃതിയണ്ട സ്വപ്നമഹിമാവിൻ്റെ അന്തരംഗങ്ങളിലേക്ക് ഇഷി കവനങ്ങൾ കടന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഉല്ലംഘിക്കുന്ന അത് പഠിക്കാൻ കഴിയാതെ പോയൊരു തലമുറയുടെ വൈദേശിക പ്രകൃതി നിങ്ങൾക്ക് ചിന്തിക്കാനാവില്ല അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ അപ്പോ നീ എന്ന ജീവാത്മാവ് സംബന്ധിക്കുന്ന പദം കൊണ്ടറിയുന്നതും അറിവ് പൂർണ്ണമായ ബോധം അല്ലെങ്കിൽ ബ്രഹ്മം ആ ബ്രഹ്മം നിന്നറിവിട്ട് സ്വരൂപത്തിൻ്റെ ഒരു അംശം കൊണ്ട് അറിയപ്പെടുന്നതെന്നായി അറിയപ്പെടുന്ന ദൃശ്യമായി ഭവിച്ചു എങ്ങനെയാണ് ഇത് ഭവിക്കുന്നത് ആദ്യം അറിവ് അതിൽ അറിയുന്നവനെന്ന അഹങ്കാരിയായ ജീവാത്മാവ് അവന്റെ ബുദ്ധി അതിൽ തന്മാത്രകളുടെ സൃഷ്ടി അതിൽ ദൃശ്യം അറിയപ്പെടുന്നത് രണ്ട് തുടർന്ന് അറിയപ്പെടുന്ന ദൃശ്യം രണ്ടായി അറിയുന്നവനും അറിയപ്പെടുന്നതും അറിവ് റിയുന്നു അതിലൊന്നുണ്ട് എന്നറിയപ്പെടുന്നു ഒന്ന് അതില്ലെന്നും ഒന്നറിയപ്പെടുന്നതില്ല എന്നറിയപ്പെടുന്നു അതിലൊരെണ്ണം ഉണ്ട് ഉണ്ട് എന്നൊരറിവ് ഇല്ല എന്നൊരറിവ് ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഏതൊരറിവാണോ അറിയപ്പെടുന്നവനായി അതിൽ അറിയപ്പെടുന്ന വസ്തുക്കളായി പരിണമിച്ച് കഴിഞ്ഞ് അറിയപ്പെടുന്നവ അറിയുന്നവനിലും അറിയപ്പെടുന്നതിലുമായി അറിവ് ലയിക്കുമ്പോൾ അറിവില്ലെന്നൊരറിവാകുന്നു അതാണ് അജ്ഞാനിയുടെ അറിവ് മാത്രമേ ഉള്ളൂ എന്നൊരറിവാകുന്നു അതാണ് വിജ്ഞൻ്റെ അത്രയുള്ള വ്യത്യാസം രണ്ട് തലമാണ് അറിവ് എന്നൊന്ന് മാത്രം അത് ബ്രഹ്മം അതിലറിയുന്നവനുണ്ടായി അറിയുന്നവനിൽ ബുദ്ധിയുണ്ടായപ്പോൾ ഇത് മൂന്നായി അതില് തന്മാത്രകളുണ്ടായപ്പോൾ അഞ്ചായി അങ്ങനെ എട്ടായി എങ്കിലും ദൃക്കദൃശ്യമെന്ന് രണ്ടായി തിരിച്ചറിയുമ്പോൾ ദൃക്കദൃശ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രാപഞ്ചികന്മാർ ദൃക്കില്ല ദൃശ്യമേയുള്ളൂ എന്ന് അറിയുന്നു ഒന്നുണ്ട് ഒന്നില്ല അനുഭൂതി സമ്പന്നന്മാർ ദൃക്കേ ഉള്ളൂ എന്നറിയുന്നു ദൃശ്യമില്ല എന്നറിയുന്നു അവിടെ ആ ദൃക് ദൃശ്യം നാരായണ ഗുരുദേവന്റെ പാരമ്പര്യത്തിൽ അഗസ്ത്യ അഗസ്ത്യ സമ്പ്രദായത്തിൽ മറ്റൊരാചാര്യൻ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞിരുന്നു പിരിയുന്ന ഇതു ദൃക്കു ദൃശ്യമെന്ന് ഇരുപങ്കാർ നഖില പ്രപഞ്ചവും അറിയുന്നതു ദൃക് അതേതിനെ അറിയുന്നു ആയതു ദൃശ്യ രൂപമാണ് അതെങ്ങനെയാണ് യോഗിച്ചിരുന്നത് അറിയുന്നത് ഏതിനെ അറിയുന്നു അത് ദൃശ്യം ഇതിനെ ഇവിടുന്ന് അങ്ങോട്ട് അപഗ്രഹിച്ചാലും കിട്ടുമെന്ന് പറയുന്നുണ്ട് ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളൈക്രമൽ അന്നത്തെ മലയാളം നോക്കുക അവയും പുനരുറ്റു നോക്കിയാൽ പക്ഷെ അതിൽ സംസ്കൃതമുണ്ട് അവഭാസിക്കും അഖണ്ഡബോധമായി എല്ലാം സംസ്കൃതബോധമായി വിശുദ്ധ മലയാളം സംസ്കൃതീകരിച്ച മലയാളം സംസ്കൃതത്തേക്കാൾ കഠിനമാണ് സമികൾ അവസാനം പറയും ഞാൻ ദേഹമല്ല കരണങ്ങളുമല്ല രാഘോന്മാദം കലർന്ന മനമല്ല മനീഷയല്ല മനസ്സിലാക്കാൻ അല്പം വിഷമ എന്നാൽ അതിനേക്കാൾ എളുപ്പമാണ് മനോബുദ്ധി അഹങ്കാരിനാഹം നജശ്രോ പ്രജിഹ്വേ നജഘ്രാണനേത്രേ ശങ്കരന്റെ പ്രൗഢമായ സംസ്കൃതം വിദ്യാനന്ദ തീർത്ഥാടകരുടെ പ്രൗഢമായ മലയാളത്തെക്കാൾ ലളിതമാണ് കാരണം മനീഷ ബുദ്ധിയല്ല എന്നുള്ളത് ചിലപ്പോഴക്കെങ്കിലും കണ്ടു നോക്കണം വേണ്ടേ ഇതാണ് എൻ്റെ വ്യത്യാസം ഇത് പച്ച ഇത് വെറുതെ മലയാളം അതേപടി വായിച്ചാൽ മതി മലയാളം ഇത്രയും മലയാളത്തിലുള്ളൊരു പുസ്തകം വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവനും പഠിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാണ കേടാ അത്ര പച്ചയായ മലയാളം ഇതിലും ലളിതമായി പറയാൻ പറ്റില്ല അത്ര ലളിതമാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് അതിൽ വ്യാഖ്യാനത്തിന് ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ അതും അത് വായിക്കാൻ കൂടി അറിയില്ല എന്ന് പറഞ്ഞാൽ മലയാളം കുരച്ചു കുരച്ച അറിയുന്ന ഇല്ലേ ചാനലൊക്കെ ഇപ്പോ അങ്ങനെയാന്ന് തോന്നുന്നു ഇന്റർവ്യൂലൊക്കെ ഒരുമാതിരി പാലക്കാടയ്യർ ഭാഷയായി കഴിയുന്നുണ്ട് നേ ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ ഒന്ന് കലർത്തി തമിഴും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളവും കുറച്ച് തമിഴും അല്പം ഹിന്ദിയും എല്ലാം കൊണ്ടൊരുമാതിരി പറഞ്ഞൊന്ന് ഒപ്പിച്ചൊക്കെ എടുക്കുക ഏതാണ്ട് കാര്യം ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് സമാധാനിച്ച് കിടന്നു പോവുക അപ്പം അങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ഗതി ബാക്കി ഭാഷയ്ക്കൊന്നും ഇത്രയും ഗതിയായില്ലെന്ന് വിചാരിക്കുന്നു തമിഴിനൊന്നും ഗതിയേണ്ടില്ല എന്ന്